അങ്ങനെ അവർ യാത്ര തിരിച്ചു അവർ ഒരു കപ്പലിൽ കയറിയപ്പോൾ അദ്ദേഹം അതിൽ ഒരു തുളയിട്ടു അപ്പോൾ അവൻ ചോദിച്ചു അതിലെ യാത്രക്കാരെ മുക്കിക്കൊല്ലാനാണോ താങ്കൾ അതിൽ തുളയിട്ടത് തീർച്ചയായും താങ്കൾ വളരെ മോശമായൊരു കാര്യമാണ് ചെയ്തത്